അധ്യായം ഇരുപത് അശൂർ രാജാവായ സർഗോന്റെ കൽപ്പനപ്രകാരം തർത്താൻ അസ്ദോദിലേക്ക് ചെന്ന് അശ്ദോദിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചയാണ്ടിൽ ആ കാലത്തു യഹോവ ആമൂസിന്റെ മകനായ യശയ്യാവോട് നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീല അഴിച്ചുവെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു അവൻ അങ്ങനെ ചെയ്ത് നഗ്നനായും ചെരിപ്പിടാതെയും നടന്നു പിന്നെ യഹോവ അരുളി ചെയ്തത് ദാസനായ യശയ്യാവ് മിസ്രൈമിനും കൂശിനും അടയാളവും അത്ഭുതവുമായിട്ട് മൂന്ന് സംവത്സരം നഗ്നനായും ചെരിപ്പിടാതെയും നടന്നതുപോലെ അശുർ രാജാവ് മിസ്രൈമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ആ ബാലവൃദ്ധം മിസ്രൈമിന്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരിപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരുമായി പിടിച്ചുകൊണ്ടുപോകും അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന തങ്ങളുടെ പുകഴ്ചയായിരുന്ന മിസ്രൈമും നിമിത്തം ഭ്രമിച്ച് ലജ്ജിക്കും ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ സഹായത്തനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ആയല്ലോ ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും